കലനാ കളങ്ങൾ നിപഗതമായി അങ്ങനെ ശുദ്ധനായ കലന എന്ന് പറയുന്ന പ്രവർത്തനം തന്നെയുണ്ട് ചിത്രത്തിൻ്റെ ദൃശ്യോന്മുഖത ചിത്രം ദൃശ്യോന്മുഖമാകുന്നു ദൃശ്യത്തിന് അഭിമുഖമാകുന്നു ചിത്രത്തിൽ ലേഖാ അതൊന്ന് വ്യപകമാനുമായി അതുപോലും ചിത്രത്തിനങ്ങനെ ഒരു അവസ്ഥയില്ല ചിത്രവിഷയത്തെ ഗ്രഹിക്കുന്നുണ്ട് അപ്പോ ചിത്രദൃശ്യങ്ങളൊന്നും ഇല്ല പ്രപഞ്ചാനുഭവങ്ങളും അങ്ങനെ ശുദ്ധനായി ജീവനാത്മസ്വരൂപനായി ദൃശ്യമില്ലാത്തവനായി കലനങ്ങൾ ഉണ്ടാകുന്ന കളങ്ക കലന തന്നെ കളങ്കം അങ്ങനെയും പറയാം ഞാൻ ദർശിക്കാണ് ഈ കളങ്കം അത് നഷ്ടപ്പെട്ടവനായി സ്വയം അമലാത്മനെ പാവനയ സ്വയം അമലസ്വരൂപനാൽ പാവനമായ ആസ്ഥാനത്ത് ഏതുപോലെ സ്കല് കളിയും അമ്പോ സജ്ജവളം വെള്ളം തുമരി എന്നെയാണ് സംസ്കൃതത്തിൽ ഏകീകരിക്കുന്നത് മഹാത്മാന വികളിലെ വാസന വാസനകളെല്ലാം നശിച്ചവനാണ് ഏകകാലികാമ ഏകദീപ എന്തുകൊണ്ടെ തുടർന്നും ചർച്ച ചെയ്യുന്നതിലൊരു സൂചനകൾ വാസന നശിച്ച് ദേവൻ ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള അദ്ദേഹം ആണ് അതിന്റെ പ്രധാന എന്താണ് നമുക്ക് വാസന പക്ഷേത്തോടുകൂടി ഏകതയെ പ്രാപിക്കുന്നു എന്നുള്ളത് ഇതും ഭാഷ്യസമ്മതമായ ഒരു ആശയമല്ല പേരഭിപ്രായം ഭാഷ ഇവിടേക്ക് സുഖത്തെക്കുറിച്ച് പറയുമ്പോൾ തത്വജ്ഞാനിയാണങ്ങളായി സ്വയം പറയുന്നു ജനകരും പറയുന്നു തത്വജ്ഞാനീനി എന്താ വേണ്ട വാസനക്ഷണം അങ്ങനെ ഏകത്വത്തെ പ്രാപിക്കണം എന്നുള്ളതാണ് സമാധി ഇവിടെ ആവർത്തിച്ചു പറയുന്ന കാര്യം എന്താശയം എന്ന് പറഞ്ഞ അങ്ങനെ വാസനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ വാസനയെ കുറിച്ച് പറയുന്ന പുരുദാരുണ്യത്തിലാണ് ഒന്ന് വാസനയെ കുറിച്ച് പറയുന്നത് സ്വപ്നത്തിന് കാരണമായി അത് പ്രധാനമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് സ്വപ്നം ദൃശ്യങ്ങളെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നതിന് കാരണം വാസനയാണ് മറ്റൊന്ന് വാസന പൂജന്മസംസ്ഥ കേവലമായ അവദ്യൂപ്പിക്കുന്നില്ല വാസനയോടുകൂടി ചേരുമ്പോഴാണ് അത് മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത് മനുഷ്യന് ബന്ധനം ഉണ്ടാക്കും എന്നാണ് ഭാഷ്യത്തിൻ്റെ ആശയജീവികളുടെ വൈദ്യത്തിൽ മനുഷ്യൻ പശു പക്ഷി ഇങ്ങനെയുള്ള വ്യത്യാസം വരുന്നതിന് കാരണം മനുഷ്യരിൽ തന്നെ പല സ്വഭാവങ്ങൾ പല വിശേഷങ്ങൾ ഇതെല്ലാം കാരണം വാസനയാണ് അത് പോലും ജന്മവാസം അവടെ ഈ ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൽ വാസന ക്ഷയിക്കണം മോശം ഭാഷ്യത്തിന് അങ്ങനെ എന്താ പറയും ഗ്രണ്ടം കൊണ്ട് വ്യത്യാസം ഇവിടെ വാസനക്ഷയി വളരെ നിർബന്ധമായി പറയുക അതിനു വേണ്ടിയിട്ടാണ് സമാധിശീലിക്കുക വാസനയെ ക്ഷയിപ്പിക്കുക വാസന സമാധിടെ ആവശ്യമില്ല വാസനയെ ക്ഷയിപ്പിക്കുന്നു സമാധി വരും വേറെ അതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോ വാസന എന്ന് പറയുന്നതിനെ തന്നെ പൊതുവെ ഭാഷകാരം പറയുന്നതാണ് ഒരു തത്വം ഞാനേ സംബന്ധിച്ചത് സംസ്കാരം വാസന തന്നെയാണ് പ്രാരംഭ സംസ്കാരം ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരം അത് ക്ഷയിപ്പിക്കേണ്ട ഒന്നല്ല ഇവിടെ പറയുന്ന പോലെ സമാധിയെ ക്ഷേപിക്കേണ്ട ഒന്നല്ല സമാധി അത് ക്ഷേപിക്കാൻ സാധിക്കില്ല ഒരു രീതിയിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞു അത് ആരംഭിച്ചു പോയതുകൊണ്ട് അത് സ്വാഭാവികമായും അത് നശിക്കും പക്ഷേക്കാർക്ക് അഭിപ്രായത്തിൽ ആ നാശങ്ങളും മരണമെന്ന് പറയുന്നത് അതോടെ വാസന തത്വജ്ഞാനത്തിന് ശേഷം വാസനാക്ഷയം എന്ന് പറയുന്ന ഒരു പരിപാടി അതിലൂടെ ഒരു പ്രത്യേക മോക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളും ഭാഷയസമ്മതമായ കാര്യമില്ല പക്ഷെ ഇവിടെ അതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് സമാധിക്കണം ഇവിടെ പറയുന്നത് വാസന ക്ഷയിച്ചാലേ മുക്തനാണ് അവിടെ പറയുന്ന അങ്ങനെയല്ല ആത്മാവ് ദുഃഖി മുക്തമാണ് അതിനാർക്കും മുക്തനാക്കാൻ കഴിയുന്നില്ല ദുഃഖി മുക്തമാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാന ജ്ഞാനത്തിന്റെ പ്രയോജനമാക്കിയാണ് നാശം അപ്പോ അജ്ഞാനം നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളെ ജീവൻ മുക്തനം കൂടെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല വാസനം ക്ഷയിച്ചാതെ ഒരാളെ ജീവൻമുക്നം കൂടെ അതുകൊണ്ടാണ് നമ്മുടെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി പക്ഷേക്കാർ അജ്ഞാനം നശിച്ചാൽ അതായത് തന്നെ അത്യാവശ്യ സർബന്ധമായിട്ടതും മറ്റൊരു വിഷയമാണ് അജ്ഞാനം ജ്ഞാനം കൊണ്ട് അജ്ഞാനം എന്ന് വെച്ചാൽ അയാൾ മുക്തനായി ജീവൻ മുക്തനായി പക്ഷേ ഇത്ര ഒരിടത്തും തന്നെ വാസനാക്ഷയത്തിനു വേണ്ടി പരിശ്രമിക്കണം അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല എന്നാലേ മുക്തനാവൂ എന്നും പറയുന്നില്ല പിന്നെ മോക്ഷം എന്ന് പറഞ്ഞ് ഭരണത്തോടുകൂടി സമ്മതിക്കുന്നു നമ്മുടെ മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നീട് ജന്മം ഉണ്ടാവും ജന്മം ഉണ്ടായാൽ പിന്നെ അത് മോക്ഷം പിന്നീട് ജന്മം ഉണ്ടാവും പ്രാരബ കർമ്മം ചക്ര ചക്രഭ്രമണം പോലെ അത് കറക്റ്റ് വിട്ടു കഴിഞ്ഞാൽ അത് തനിയെ നിൽക്കണം അപ്പൊ തനിയങ്ങ് നിൽക്കും അപ്പോൾ തത്വജ്ഞാനം അജ്ഞാനനാശം പിന്നീട് ഈ പറയുന്ന വാസനയുടെ സ്ഥാനത്ത് അവിടെ പ്രാരബ്ധ സംസ്ഥാനം അത് തന്നെ തന്നെ അവസാനിക്കും പിന്നെ തത്വജ്ഞാനത്തിനും പ്രാരബ്ധ നാശത്തിനും ഇടയ്ക്കുള്ള കാലം കാലങ്ങൾ സന്യാസൂടെ അതിന് ശമതമായി ത്യാഗവൈരാഗ്യാദികളോടുകൂടി ജീവിക്കുക ിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും നിർദ്ദേശിച്ചിരുന്നു പക്ഷെ ഈ സംബന്ധമാവും ഏക വൈരാഗ്യം എല്ലാം മുമ്പ് തന്നെ ശീലിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ടൊരു തത്വജ്ഞാനി തന്നെ മറ്റൊന്നാകാൻ പറ്റത്തില്ല അത് ശീലമായി ശീലമായ അതൊക്കെ സഹജമായും തന്നെ ജീവിതത്തിൽ തുടരുന്നു അങ്ങനെ തുടരുന്ന ഒരാളാണ് തത്വജ്ഞാൻ ശമവും ദമവും സഹജമായിട്ട് ത്യാഗവൈരാഗ്യങ്ങളൊക്കെ സ്വാഭാവികമായും തന്നെ ഉണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ സന്യാസിന്ന് പ്രത്യേകം പറയുന്നത് അല്ല അവിടെ മനോനാശം വാസനാക്ഷി ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു അഭ്യാസം അത് പറയുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ ഒരാശയം എന്ന് പറഞ്ഞു വാസനാക്ഷം അത് പിൽക്കാലത്തു വലിയ പ്രചാരമില്ല തത്വജ്ഞാനിയും വീണ്ടും അതിൽ കൃതകൃത്യനാണെങ്കിലും ഇത് കർത്തവ്യമായി വന്നു ഇതൊക്കെ ചെയ്യണം എന്ന് വന്നു അസഹമായിരിക്കുന്ന ത്യാഗവൈരാഗ്യങ്ങൾക്കൊക്കെ എല്ലാം ഉപരിയായി ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം ഭാഷയൊന്നും മനസ്സിലാക്കാത്ത ഒരു ഇതാണീതം എന്ത് വളരെ പേരുണ്ട് ഭാഷാ വിഷയം മനസ്സിലാക്കാത്ത കൊണ്ട് ഭാഷ ചിന്തിക്കാനുള്ള വിചാരം ചെയ്യാനില്ല ഇന്ന് പലരും സ്വീകരിക്കുന്ന ഒരു തെറ്റിദ്ധാരണം അഭിമേതാണോ ഭാഷകാരൻ പറയാതെ പെട്ട കാര്യങ്ങൾ തൃക്കാലത്ത് നിന്നവര് വ്യാഖ്യാനിക്കുന്നതാണ് കൂടുതലായിട്ട് ഭാഷകാരത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഭാഷത്തിന് ഇതിന്റെ സൂചനകളുണ്ട് അത് തൃക്കാലത്ത് നിന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ യാതൊരു സൂചനയും ഇല്ല ജ്ഞാനം മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ അത് വളരെ വ്യക്തമായി ഭാഷകാലം പറയുന്നുണ്ട് അതിൽ നിന്ന് വേറൊരു ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ ഇവർ ഇതെല്ലാം ഞാനൊക്കെ മുമ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം സമാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ജ്ഞാനം പ്രാപ്തിക്ക് മുമ്പ് മനസ്സിന്റെ അകാണതയ്ക്കും മനസ്സിന്റെ ശുദ്ധിക്കും വേണ്ടി ഇതൊക്കെ സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ അത് കുഴപ്പമില്ല തത്വജ്ഞാനം എന്താണെന്ന് വളരെ കൃത്യമായി ഭാഷകാരം പറയുന്നു അവിടെ ഒരാൾക്ക് പിന്നീട് ചെയ്യാനൊന്നും വിശേഷിക്കുക തത്വത്തിന് പ്രാരബ്ധമനുസരിച്ച് അയാൾ ജീവിക്കും അത്രയേ ഉള്ളൂ പ്രാരബ്ധത്തെ നശിപ്പിക്കാനും ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വാസനാക്ഷയം വേണ്ടി പ്രവർത്തിക്കുന്നു പ്രാരബ്ദത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിക്കുക അതൊക്കെ പല നിങ്ങൾ മതപ്രഭാഷണങ്ങളിൽ പ്രാരബ്ധ നശിപ്പിക്കാൻ വേണ്ടി അത് ചെയ്യുന്നു യോഗത്തിലൊക്കെ അതുണ്ട് യോഗത്തിൽ അതാണ് യോഗവ്യാഘ അതൊക്കെ പറയുന്നത് യോഗത്തിൽ മാത്രമല്ല വ്യത്യരാസങ്ങളും ന്യായ രാസങ്ങളും അങ്ങനെ യോഗത്തിൽ നിന്ന് വന്നത് അങ്ങനെ അത് ബൗദ്ധ കൂടുതൽ സാധ്യത തന്റെ പ്രാരബ്ധത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരാൾ ഒരേ സിനിമയിൽ പല ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്നിട്ട് ജീവിതം അനുഭവിച്ചു നിന്നു ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കോർഷിക ശേഷം വന്ന അദ്വൈതികളും ഇതെല്ലാം ഉദാഹരണമായിട്ട് പറയുന്നു ഭാഷകാരത്തിന്റെ സിദ്ധാന്തങ്ങൾ കാണുന്നു ഭാഷയാശയകാരണം അവിടെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇതാണ് തത്വജ്ഞാനിയായ ഋതകർത്തിനാണ് അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സസ്യകാഹ്യ നൂറ് കൃത്യം ഒരു കർത്തവ്യവും പിന്നെ അവശേഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനേക ജന്മങ്ങളിൽ സഞ്ചരിച്ചിരിക്കുന്ന വാസന അതിനെ എന്തെങ്കിലും ഉപായങ്ങളിൽ നശിപ്പിക്കുക എന്നുള്ള അസാധ്യമാണ് കാരണം ജന്മ അനാദിയാണ് അനാദി ജന്മങ്ങളുടെ വാസന എന്ന് പറയുന്ന അതുപോലെ അനാഥിയായിരിക്കും അതിലൊക്കെ ആർക്കെ നശിപ്പിക്കുന്നു ഇതായ അജ്ഞാനനാശം എന്ന് പറയുന്ന ഒറ്റ കുറുപ്പ് വഴിയും അജ്ഞാനനാശത്തിലൂടെ എല്ലാം നശിച്ചു വാസനകൾ നശിക്കുന്നു അഹന്ത മമത ഇതിനെല്ലാം നശിക്കും ഒരാളുടെ അഹന്ത മമതാം നശിച്ചാൽ വാസന ഉണ്ടായിരുന്ന അതിന് ഈ പ്രപഞ്ചം നിന്നാലും നിന്നില്ലെങ്കിലും അതും അയാളെ സംബന്ധിച്ച വിഷയമില്ല അത് ഉള്ളതുമില്ലാത്ത സമൂഹമാണ് ബോധമുണ്ടായി ബ്രഹ്മ തത്വം എന്താണെന്നുള്ള ബോധമുണ്ടായി ഇല്ലാത്തതും പ്രപഞ്ചത്തിനും ഒന്നും അയാളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല നമ്മുടെ മൂല കാരണം നശിച്ചു കഴിഞ്ഞു പിന്നെ കാര്യങ്ങളെ നശിപ്പിക്കേണ്ട ആവശ്യമാണ് ഏതാണ്ട് ഭാഷ മൂല കാരണത്തിന് നമ്മള് ഇല്ലാതാക്കും അതെല്ലാതായി അതിന്റെ കാര്യം അനന്തമാണ് അതിന്റെ കാര്യങ്ങളെന്ന് പറയും പ്രപഞ്ചം തന്നെ എന്തുകൊണ്ട് അനന്തമാണോ അതിനെയൊക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനോട് ചേർന്ന് എന്തിനെങ്കിലും നശിപ്പിക്കുക അത് സാധ്യമായി പറയുന്ന അവിദ്യ അല്ല കുഴപ്പം ഈ വാസനയോട് കൂടി ചേരുമ്പോഴാണ് അവിദ്യ പരിസരമായി തത്വജ്ഞാനം കൊണ്ടെന്നാണ് സംഭവിക്കുന്നത് അവിദ്യയാണ് നശിക്കുന്നത് വിദ്യയോട് ജോലി നിൽക്കുന്ന വാസന ഉറപ്പായിട്ടും ഉദ്ദേശിച്ചു ഇതങ്ങനെ ഒന്നില്ല അപ്പോ അവിദ്യ വാസന അവിദ്യകാലമായ പ്രപഞ്ചം എല്ലാം തരത്തിലും ഞാൻ ഇത് എന്തുകൊണ്ടൊന്നും മരിക്കുന്നില്ല നല്ലതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അതിനാണ് ഇവിടെ പ്രതികാരം ഭൗതികമായ പ്രകൃതി നിലനിൽക്കുന്നത് അത് അവിദ്യ ആശ്രയിച്ചാണ് എന്നാണ് ഉദ്യോഗസ്ഥ പക്ഷെ വിദ്യ നിശ്ചയം പ്രകൃതി ഒരു സമസ്തയെന്ന് അതിനൊരു ശരിയായ ഒരു പ്രാരംഭമോ എന്ന് അത് വാസനായ അത് അവസാനിക്കേണ്ട സമയത്താണ് അവസാനിക്കുന്നത് അതിനവസാനിപ്പിക്കുക അങ്ങനെ ഒരു കൃത്യം തത്വജ്ഞാനും അവശേഷിക്കുന്നില്ല പണ്ടു കാര്യങ്ങളിൽ യോഗശാസ്ത്രത്തിൽ പറ്റുന്ന ചർച്ചയിൽ ചെയ്യാറാണ് ബ്രഹ്മതത്വജ്ഞാനിയെ സംബന്ധിച്ച വിഷയങ്ങളും വാസനാക്ഷയം എന്ന് പറയും ഞാൻ ഇത് അവളിച്ച് പറയത്തില്ല അത് ധരിച്ചുകൊണ്ടും ഇത് ദേഹത്തിന്റെ ഒരു ആശയമാണ് ഭാഷ്യാശയം എന്ന് ഭാഷ്യാശയം അനുസരിച്ച് തത്വം ഞാൻ ആവശ്യമില്ല സ്വഭാവ എന്ന് തടസ്സമുണ്ടെന്ന് പറയാം അങ്ങനെന്താ ഞാനും ഉണ്ടാകുന്നതിന് തടസ്സമുണ്ടാവും ഞാനും ഉണ്ടാകുന്നതിൽ തടസ്സമുണ്ടാവും ബുദ്ധി ദോഷമുണ്ടെങ്കിൽ തടസ്സമുണ്ടാകും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിട്ട് വന്നു ചോദ്യം വ്യക്തമുണ്ടെങ്കിൽ സ്വഭാവ ദോഷം പേക്ഷിക്കുന്നു എന്തപേക്ഷിക്കുന്നു ഏ സ്വഭാവദോഷ ഞാനുപത്തിയെ കുറിച്ചാണോ പറയുന്നത് അത് തന്നെ ജ്ഞാനത്തിന്റെ ഉത്പത്തിയെ കുറിച്ചാണോ പറയുന്നത് െന്തിനെ കുറിച്ചോ പറയുന്നത് ജ്ഞാനത്തിന്റെ ഉത്പത്തിയെ കുറിച്ചാണോ അതാണ് ഇതിന്റെ ഉത്പത്തി അല്ലല്ലോ ഇവിടെ പറയുന്നത് ഇവിടെ ജ്ഞാനത്തിന്റെ പറയുന്നു ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടെ ഇവിടെ സുഖനെ എന്താ പറയുന്നത് ശുഖൻ ജ്ഞാനം ഉണ്ടാകുന്നതിന് തടസ്സമുള്ള ആണെന്നല്ല പറയുന്നു പിന്നെയോ ആ യാതൊരു സംശയമില്ലാത്ത ജ്ഞാനിയാണോ ശിവന് ജ്ഞാനത്തിനൊരു തടസ്സം മനസിലായോ ശുഭൻ ജ്ഞാനിയാണെന്നുള്ള കാര്യങ്ങളിൽ ശുഭന് സംശയം ഇല്ല പിന്നെ ജനകന്റെ സംശയം ഉണ്ടായാലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല അതൊക്കെ തീരുമാനിക്കുന്നുണ്ട് ശുഖനാണോ വേറെ ആളല്ല തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ പറഞ്ഞാണോ വേറൊരാൾ തീരുമാനിക്കുന്ന പറയുന്നത് വലിയ അബദ്ധമാണോ ജ്ഞാനിയെക്ക് എന്താണോ വേരാൾ പോയി ഐ എസ് ഐ മാർടേണ്ട ആവശ്യമൊന്നുമില്ല അത് സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ് ഞാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വേറെ ആളുടെ പറയേണ്ട കാര്യമില്ല അയാൾ ഞാനിയാണോ അങ്ങനെ പ്രശ്നം വഹിക്കുന്നത് അത് ഞാൻ നമുക്ക് പറഞ്ഞ കാര്യമാണ് അപ്പോ ചുവനെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല എന്നുകൂടെ വ്യക്തമായി പറയുന്നു നിശയമായും ഞാനുള്ള ഒന്നാണെന്ന് പറയുമ്പോൾ എന്റെ അവിടെ ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നവും കയറുന്നു ഞാനീ ആണെന്ന് അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ശരി അവർക്ക് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ഒരാളായിട്ടല്ല സുഖന ഇവിടെ അവതരിപ്പിക്കുന്നു എന്റെ ഇവിടെ കൂടുതലായി പറയുന്നത് എന്താണോ ജ്ഞാനം ഉണ്ടാകുന്നതിന് ശേഷം ശിവനം ചെയ്യുന്നു വാസനെ വേണ്ടി സമാധി ആഗ്രഹിക്കുന്നുവെന്ന് ജ്ഞാനത്തിന് മുമ്പല്ല ജ്ഞാനം ഉണ്ടായതിനു ശേഷം ഇത് ഭാഷ്യ ആശയമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭാഷ്യം മുഴുവൻ പരിധി നോക്കിയാൽ ഇങ്ങനെ ഒരു ആശയം കിട്ടത്തില്ല ഇങ്ങനെ ഒരു ആശയം അവിടെ വരത്തില്ല അവിടെ പറയും ഇപ്പൊ ഞാനിയും ത്യാഗ പൈരാഗ്യങ്ങളോടുകൂടി ജീവിക്കണം മല്ല മരണം അതാണ് സന്യാസമൊന്നും അപ്പൊ മോക്ഷത്തിന് വേണ്ടി ഇതാണ് തത്വജ്ഞാനി ഇതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തത്വജ്ഞാന മോക്ഷത്തിന് വേണ്ടി വാസിനെ ക്ഷയിപ്പിക്കണം അങ്ങനെ ഒരു കാര്യം ഭാഷ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ കൊള്ളാം എന്റെ മറവി രോഗമാണെങ്കിൽ അത് ചികിത്സിക്കേണ്ടതാണ് അങ്ങനെ ഒരു ഭാഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അതുകൊണ്ടെങ്കിൽ പറയുക ജ്ഞാനത്തിന് തടസ്സമുണ്ടെന്ന് ആരും പറയും യഥാപ്രജ്ഞസംഭവികാരൻ പറയുക വാസുലേഖലയാണോ അതനുസരിച്ചാണ് ജന്മം ഈ വാസനെ സ്വീകരിക്കുന്നതിനും പ്രധാനമായിട്ടും പുനർജന്മത്തെ സംബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിക്കും ആ ചിലപ്പോ അത് സംസ്കാരം എന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്ന ഒരു അനുഭവത്തെ എങ്ങനെ വിശദീകരിക്കും അതും പറയുന്ന എന്താണ് വാസനോട് സംബന്ധിക്കുന്നത് ഈ രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാസന ഭാഷയെ സ്വീകരിച്ചിരിക്കുന്നത് സ്വപ്നത്തിന് വേണ്ടി മറ്റൊന്ന് തത്വജ്ഞാനമുണ്ടാവില്ല സ്വപ്നം കാണാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല സ്വപ്നമില്ലാതെ ഉപവാസനയൊക്കെ ഉള്ളത് മരണം വരെയുണ്ട് കാണും സ്വപ്നത്തെ ജാഗ്രത ഉണ്ടെങ്കിൽ സ്വപ്നങ്ങളിൽ സുഷുപ്തിയും അതൊക്കെ ഒരു വ്യത്യാസം വരുന്നില്ല വ്യത്യാസം വരുന്നത് എന്താണ് അതിന്റെ ജന്മമുണ്ട് അതിനുവേണ്ടി വാസ്തുണ്ട് അജ്ഞാനം നശിച്ചാൽ അജ്ഞാനമില്ലെങ്കിൽ നശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം മാറും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പൂർവ്വ ജന്മില്ല വട്ടമാ ജന്മം ഭാവിജന്മ അതിനപ്പുറം ജന്മം ഇല്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണ് അയാൾ സ്വയം തന്നെ അറിയണം അഹം ബ്രഹ്മാസ്മി ആ ബ്രഹ്മമാണ് ബ്രഹ്മത്തിന്റെ ജന്മത്തെ അങ്ങനെയാണ് നിഷേധിക്കുന്നത് കാരണം ജന്മം എന്ന് പറയുന്നത് അജ്ഞാനമാണ് കല്പിതമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് അജ്ഞാനം കൊണ്ട് കൽപ്പിതമായ ജന്മില്ല കാലജ്ഞാന അപ്പൊ ഇതിന്റെ എന്താണ് വേരോടെ അറുത്തു കളയുന്ന പരിപാടിയാണ് ശങ്കരാചാര്യ പറയുന്നത് അല്ലാതിന്റെ ശിഖരങ്ങൾ ഛേദിക്കുന്ന ഇതിനെല്ലാം മൂലകാലങ്ങളായിരുന്ന അജ്ഞാനമാണ് ആ അജ്ഞാനത്തെ ഇല്ലാതാക്ക അല്ലാതാക്ക അജ്ഞാനത്തെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ വേറെ ഇറക്കുന്ന പോലെയാണ് വലിയ ശിഖരങ്ങൾ മുറിക്കേണ്ട ആവശ്യ അജ്ഞാനമില്ല ജന്മില്ല അവിടെ പിന്നെ പ്രാരബ്ധിക ആഗാമിയ ഒന്നുമില്ല അതാണ് ജ്ഞാനവും പക്ഷെ അവിടെ ഒരു ചോദ്യം വരുന്നത് ഈ എല്ലാ കർമ്മങ്ങളും സർവാസനയും നശിച്ചു കഴിഞ്ഞാലും എണ്ണത്തോട് ജീവിച്ചിരിക്കുകയാണ് പല പല പലതരത്തിൽ കുഞ്ഞുങ്ങളിൽ വ്യാഖ്യാനും ബാക്കി അനുഭവത്തിൽ പലതരത്തിൽ അത്രയും സങ്കീർണ്ണതകളും നയിക്കുമ്പോൾ കാര്യമില്ല ഭാഷകാരെ വളരെ ലളിതമായി പറഞ്ഞു ഭാഷകാരുടെ സിദ്ധാന്തമാണ് പിന്നോട് ജന്മം എന്നൊക്കെ പറയുന്നത് അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് ഓരോ ജന്മവും അങ്ങനെയല്ല വർത്തമാജെന്നോ അങ്ങനെ അപ്പം ഈ വാസന ക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്തിനുവേണ്ടി അത് ചെയ്യണം അതൊരു ദൗത്യം കർത്തവ്യമായിരിക്കുന്ന താർഷണം അതിനോട് താർത്ഥമില്ല സുഖബ്രഹ്മർഷി പതിനായിരം കൊല്ലം പേരുപർവ്വതത്തിൽ പോയി തപസി എന്തിനു വേണ്ടി എന്ത് നേടാൻ എന്തിനു വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് പതിനായിരം വർഷം എന്താ ജീവിതത്തെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തത്വജ്ഞാന സംസാരം നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് സംസാരത്തിൽ എന്താണ് പതിനായിരം വർഷം നീട്ടാൻ വേണ്ടിയിട്ടുള്ള തത്വജ്ഞാനം ഇപ്പൊ പതിനായിരം വർഷം തപസരുന്ന പതിനായിരം വർഷം വീണ്ടും ജീവിച്ചിരിക്കും അത് ഭാഷികകാരൻ പറയുന്ന ആശയമനുസരിച്ച് വെറും അസംബന്ധമാണ് ജീവിതത്തെ നീട്ടിക്കൊണ്ടുപോകാനുണ്ട് എന്താണോ തത്വജ്ഞാനം കൊണ്ട് സംഭവിച്ചത് സദ്യവും മുക്തിയാണ് അപ്പോഴാണോ ബോധം ഉണ്ടാകുന്ന ആ നിമിഷം മുതൽ അയാളുടെ എല്ലാ അർത്ഥത്തിലും മുക്തനാണ് ഇത് ഇതിനാ പതിനായിരം വർഷം വേസ്റ്റാകും ഇത് അയാൾക്ക് അവിടെ കാലം പോലും ഇല്ലുണ്ട് അപ്പൊ ഭാഷ്യത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് ഇതാ സംബന്ധം ഇത് എഴുതി വെച്ചിരിക്കുന്ന ആളിന്റെ കാഴ്ചപ്പാട് എഴുതി അങ്ങനെ നമുക്ക് ശരിയാക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷ്യ കാഴ്ചപ്പാടി ശരിയാക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടി ശരിയാക്കും പറയുന്നത് എന്താണ് വാസരേക്കെ ദശിപ്പിച്ച് സമാധിയിലിരിക്കണം അതിനുവേണ്ടി പതിനായിരം വർഷം കൂടെ ജീവിച്ചിരിക്കുന്നു സിദ്ധാന്തങ്ങളാണ് കാൽപ്പനികങ്ങളായ സിദ്ധാന്തങ്ങൾ അങ്ങനെ കാൽപ്പനികമായ സിദ്ധാന്തങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം മനുഷ്യന്റെ ഭാവനയ്ക്ക് അതിട്ടല്ല എന്നതിനെക്കുറിച്ച് പറയാം നമ്മുടെ സാധാരണ മനുഷ്യരെ തന്നെ മിക്ക സമയവും നമ്മൾ ഭാവനാലോകത്താക്കിയിരിക്കുന്നു സ്വപ്ന ലോകം അതുപോലെ അവര് സ്വപ്ന ലോകത്തിന് ഉണ്ടാക്കിയെടുക്കുന്നു അതാണ് ഈ പറയുന്നത് ശരിയായ അദ്വൈതമത്സരിച്ചവര് പറയുമ്പോൾ ഈ പറയുന്ന ഒക്കെ ജ്ഞാനം ഉണ്ടായതിനു ശേഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാക്കണം കർഷിക്കാർക്ക് അഭിപ്രായം അനുസരിച്ചാണ് ഇനി പറയുന്നതും പ്രത്യേകിച്ച് ഒരു കഥ എന്ന് പറഞ്ഞ അദ്വൈതം മനസ്സിലാക്കിയ മനസ്സിലാക്കാത്ത ഒരാളേണ്ട ഒരു കഥ യോഗ ശാസ്ത്രമനുസരിച്ചാണ് ഇതിനൊക്കെ വിലയേണ്ടത് യോഗശാസ്ത്രത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ തന്നെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കാം ഏകത്വത്തെ പ്രാപിച്ചത് ആ അപ്പോ അദ്വൈത ഇതനുസരിച്ച് അത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അദ്വൈതമനുസരിച്ച് യോഗമനുസരിച്ച് ജീവിതമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പ്രയാസം ഇന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇനി ഈ വാസന ഇങ്ങനെ ആവളിച്ച ആവളിച്ച് വന്നുകൊണ്ടേ നിങ്ങൾ മനുഷ്യന്റെ പണ്ടേ ചൂടായി ഇങ്ങനെ തലയെ പ്രത്യേകിച്ച് കൊണ്ട് കൊണ്ടോന്നു യോഗികൾക്ക് ഇതൊക്കെ രസമാണ് അവരുടെ ഭാവനാലോകത്തിൽ എന്തെങ്കിലും ഭാവി ഇതായിത്തീരും എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതൊക്കെ അവർ സെറ്റ് വയ്ക്കും ഇപ്പൊ ഒന്നും ആയിട്ടില്ല നാളെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് സന്തോഷവും കൊടുക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാകും പതിനായിരം വർഷമായി ഇങ്ങനെ സമാധി ഇരിക്കുന്നൊരു യോഗി നമ്മൾ കണ്ടാൽ പോരാല്ലാം കാണെല്ലാം കണ്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ടോ യോഗി ഇന്ന പറ പതിനായിരം വർഷമായിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഥയ്ക്കുള്ളു അടുത്ത വിശ്വാമിനും എന്താണ് മാലിന്യം മല മാത്രം കുമാർജ്ജനം എന്നോട് പറയുന്നത് രാമന് ഞാനിയാണ് ഇനി എന്താ ചെയ്യേണ്ടത് ആ മാലിന്യത്തെ കളയാണ് മലമാത്രം കുമാർജ്ജനം കേവലം ആ മാലിന്യത്തെ വാസനാകുന്ന മാലിന്യങ്ങളിൽ എന്താ ഉപയോഗിക്കുന്നു തേരാക്കാൻ താപതയും ഉപയോഗിക്കുക അതെങ്ങനെയാണോ വ്യാസപുത്രന് അത് ഉപയുക്തമായത് വ്യാസപുത്രൻ അതെങ്ങനെയാണോ ഉപകരിച്ചത് അതുപോലെ നിനക്കും അത്ര മാത്രമാണ് ഇനി മുമ്പോട്ടുമ്പോട്ട് കഴിയുമ്പോൾ നിനക്ക നേരെ വിപരീതമായ കാര്യങ്ങളും പറയും കേട്ടോ ഇതിൽ മുഴുവൻ ഇങ്ങനെ പറയുമെന്ന് വിചാരിക്കുന്നു എവിടെയും പതിനായിരം വർഷം തപസൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് എഴുതുമ്പോ ഭാഷകാരം പറയുന്ന പോലെ തന്നെ എന്താണ് ഇതൊക്കെ അവരും മഹന്തിയും മമതയും മാത്രമാണ് നമ്മു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ആത്മാവ് ശബ്ദമാണ് ഈ കാര്യങ്ങൾ എന്താ പറയും ഇതിവിടത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടോ ആവർത്തിക്കും ഇത് രണ്ടും പറയും ഇല്ലെങ്കിൽ ഒന്നിനെ നിൽക്കില്ല മികവാറും ശാസനങ്ങളിലുള്ള ഒരു പ്രശ്നമാണ് വൈരുദ്ധ്യമായി രണ്ടും പറയ്ക്കും ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ വിരുദ്ധമായെന്നും പറയ്ക്കും ഇങ്ങനെ വിരുദ്ധം വന്ന സാധന വേഖേതാക്കളെല്ലാം തുടർന്ന് വിഷമിക്കും പിന്നെ അവര് കണ്ടുപിടിക്കുന്ന ഒരു വിദ്യ എന്താണെന്ന് അധികാരി ഭേദമനുസരിച്ചിരുന്നു പറയുന്നത് പക്ഷേ അധികാരി ഭേദമനുസരിച്ചിരുന്നു പറഞ്ഞാലും പലയിടത്തും ശരിയാക്കാൻ പറ്റിയ പാടാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് അവിടെയാണ് വേദം തന്നെ എടുത്തിട്ടുണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ നിറയെ കാണാം ാണ് ലോക സമസ്ത സുഗരോ ഭൗതി ഓം ശാന്തി നിറയെ കാണുന്നു എന്നാ വേറെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു അവനെ കൊല്ലണം വെട്ടണം തട്ടണം കുഴിച്ചു മൂടണം മറക്കണം ഒഴിയണം ഇതും കാണും ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ആകെ കുഴപ്പമാണ് പലടത്തെന്താണ് അമ്മാവൂത എന്ന് ഒരിടത്ത് പറയും ഇല്ലെങ്കിൽ കൊല്ലം വേണ്ടെന്ന് പറയും എങ്ങനെയാണ് കൊല്ലേണ്ടത് കൊല്ലേണ്ട വിദ്യപ്പെടുത്തി ഇത്തരം വൈദ്യങ്ങൾ എന്നറിയും എല്ലായിടത്തും അധികാര ഭേദമനുസരിച്ച് വിഖ്യാതിക്കളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും മനുഷ്യനെ കുന്നായി കാണാൻ ശ്രമിക്കുന്ന മനുഷ്യരുള്ള ആധുനിക കാലത്ത് പ്രയാസം ഞാൻ ശേഷേണ വിനീശ്വരാതന്ധേസ്മേ നയത്ഭോക ലോകായുസന വിജ്ഞാനം അശേഷേണ ജേയം അറിയേണ്ടതല്ല ഇവൻ അറിഞ്ഞു കഴിഞ്ഞു ആരെ കുറിച്ച് പറയുന്നു രാമനെ കുറിച്ച് പറയുക കഴിയും സംബോധന ഇവിടെ കൂടിയിരിക്കുന്നവരോട് വിശ്വാസം വേണു ശേഷിയുടെ അറിഞ്ഞു കഴിഞ്ഞാതം ഇനിയൊന്നും അറിയാനില്ല എല്ലാം അറിഞ്ഞു കഴിയും അതുകൊണ്ട് എന്താണ് സ്വതന്ത്ര ബുദ്ധിമാനായ സമയം രോഗ ഇവ ഭോഗ ഭോഗങ്ങളെല്ലാം രോഗത്തെ പോലെയാണ് അസ്വന്ധി ഒന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ആ വൈരാഗ്യം കൊണ്ട് ലോകത്തിലെ ഭോഗങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് ശരിയാണോ നമ്മള് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്യത്തിൽ മനസ്സുറപ്പിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സിനെ വെറ്റലുക്കുന്ന വിഷയങ്ങളിലേക്ക് സാധാരണ ചിലത് പോക പോയാൽ നോക്കുമ്പോട്ട് പറ്റില്ല സ്വാഭാവികമാണ് പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികളൊക്കെ വളരെ ആവേശ കുറവ് അവർ കളികളൊക്കെ കുറയ്ക്കും അല്ലെങ്കിൽ ചിലർ തീരെ വേണ്ടത് അതുവരെ കളിച്ച് നമ്മളെ കളിക്കാനുള്ള പോയി കഴിഞ്ഞാൽ പരീക്ഷ ബുദ്ധിമുട്ടും കൂടുതൽ സമയം നീ പരീക്ഷയുടെ തയ്യാറെടുപ്പിന് വേണ്ടി വിനിയോഗിക്കും സാധാരണ മനുഷ്യരെല്ലാം ചെയ്യുന്നതാണ് എന്തെങ്കിലും ഒരു വലിയ നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെന്തൊക്കെ മനസ്സിനെ തൽക്കാലം മാറ്റി നിർത്തി അതിനു വേണ്ടി പരിശ്രമിക്കും രാമൻ കൂടെ എന്താണ് ഋഷിമാരുടെ അല്ല സത്സംഗത്തിലൂടെ സ്വാഭാവികമായിട്ട് രാമനും മറ്റ് ഭോഗങ്ങളൊന്നും മറ്റു താല്പര്യം സ്വാഭാവികമായി ആരിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അന്ന് മറ്റൊരു വിഷയങ്ങളും കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല അത് നമ്മൾ എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്രമാത്രം മനസ്സർപ്പിച്ച് അതിൽ മുഴുകുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും മറ്റുള്ളവരെ കാട്ടിലേക്ക് വരും രാമന് തന്റെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും തന്റെ മനസ്സിനെ അർപ്പിച്ച് മുഴുകിയിരിക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് അത് വരുന്നില്ല ബ്രഹ്മതത്വം ജ്ഞാനം മോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏകാഗ്രമായിരിക്കും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ കടന്നു പോലും കടന്നു പോകും മനസ്സെന്നോ അങ്ങനെ ഇരിക്കണമെന്നില്ല രാമനൊന്നും അങ്ങനെയല്ല ഇരിക്കുന്നു രാമൻ പിന്നെ ഇതൊക്കെ വീണ്ടും എന്തെയ്യുന്നു എനിക്ക് ആസ്വാധ്യമുണ്ടായിരുന്ന ഭോഗങ്ങളിലേക്കൊക്കെ തന്നെ വീണ്ടും മനസ്സ് പോകുന്നുണ്ട് രാമന്റെ കഥയനുസരിച്ച് പറയണെങ്കിൽ അതൊക്കെ സംഭവിക്കുന്നു പക്ഷെ ഇപ്പൊ ഈ സമയത്ത് രാമന്റെ മനസ്സൊന്നിനും പോകുന്നില്ല അതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ജ്ഞാതേയസ്യ മനസ്സോ നൂനമേദ്യ ലക്ഷണം യഥസതേ സമത്തിലാണെങ്കിലും ഭോഗമൃദ്ധ എന്ന് പറയാം ജ്ഞാതേയ മനസ്സോ അറിയേണ്ടതറിഞ്ഞവനാണ് ജാതജേയം അങ്ങനെയുള്ളവന്റെ മനസ്സിന് വേദദ്ധ്യൂനം ലക്ഷണം ഇതാണ് അതിൻ്റെ ലക്ഷണം നമ്മൾ ഒരേ ലക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്നു അതൊക്കെ മനസ്സിന്റെ ശേഷി അനുസരിച്ചാണ് ഒരുവരുടെ മനസ്സിന് എത്ര കാലം ആ ലക്ഷ്യത്തിൽ ഉറച്ചു നീക്കാൻ കഴിയുമെന്നുള്ള പറയുക അതിനുറപ്പൊന്നുമില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുക അല്ലാണ്ട് മനസ്സിന് സംഭവിക്കുക ഇതാണ് അതിന്റെ ലക്ഷണം ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക അതാണ് ആൾക്കാർ വീട് ഉപേക്ഷിക്കുന്നു കുടുംബം ഉപേക്ഷിക്കുന്നു സന്യാസത്തിന് പോകുന്നു ഉരുക്കന്മാരെ ഉപേക്ഷിക്കണം ഭക്തി നേടിയ കർമ്മ നേടും ലോകം നേടും ഇത് തന്നെയാണ് ഈ പറയുന്നത് വീണ്ടും പറയുന്നു സമഗ്രാണ് ലോകപ്പെടുന്നവൻ നസന്ധി ലോക ബുദ്ധങ്ങൾ പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിതത്തിൽ അവസ്ഥാന്തരം ഉണ്ടാകും പക്ഷെ അത് എത്ര കാലമൊന്നും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു വൈരാഗ്യത്തിന്റെ കുടിയൊക്കെ ആയാലും സ്വാഭാവികമായും ശ്രദ്ധ കുറയുകയും അങ്ങനെയും സംഭവിക്കാം എന്തും മനസ്സിലായിരിക്കണം യാതൊരു നിർബന്ധമില്ല മനസ്സിന് അങ്ങനെ ഒരു അറിയില്ല പിന്നെ ഇതൊക്കെ മനസ്സിൻ്റെ തീരുമാനങ്ങളാണ് അതായത് മായ ഭോഗ സാധനങ്ങൾ സുഖസാധന ഭോഗമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വലിയ തെറ്റിദ്ധാരണമല്ലൗഹികമായ മനുഷ്യന്റെ സുഖസാധനങ്ങൾ ആർക്കും ആവശ്യമില്ലാത്തതായി ജ്ഞാനം ഭക്തി മതി യോഗം മതി എന്നൊക്കെയുള്ളൊരു ധാരണയിൽ ോട്ട് പോകുമ്പോ അതിന് വിരക്കിന്ന് പറയും അങ്ങനെ വിരക്കി അത് മനുഷ്യന്റെ ഒരു ധാരണയിൽ ഉണ്ടാകുന്നതിന് കാര്യമാണ് ഈ ധാരണ തിരിച്ചും വരും എന്താണ് ഈ പോകുന്ന ജ്ഞാനം ഭക്തിയോ ഇതിനോ ഒക്കെ വിരക്തി ഉണ്ടാവും മനുഷ്യന് മനസ്സാണ് അല്ല ഒന്നിന് മാത്രേ വിരക്തി ഉണ്ടാകുന്നതിന് നിയമവും അതിന് വിരക്തി ഉണ്ടായ തിരിച്ചുകൊണ്ട് പോകും ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന് സംഭവിക്കും ഇതൊന്നും ഗ്യാരണ്ടി ഉള്ള കാര്യങ്ങളല്ല മനസ്സിങ്ങനെ മാറി മാറി തടിക്കൊണ്ടേ ചിലപ്പോൾ മനസ്സിന് അതിലായിരിക്കും വിലക്കി ചിലപ്പോ മനസ്സിന് ഇതിലായിരിക്കും വിലക്കി വിലക്കി എന്ന് പറയുന്ന എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവന്റെ വിവേകത്തെ തുടർന്ന് വരുന്നതാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആളുകൾ തണുപ്പും എന്റെ ആയോട് വീണ്ടും പറയുക ബുദ്ധന്റെ അനുയായി വളരെ കർശനമായ ദുരക്കനുണ്ട് തണുപ്പ് വന്നുകഴിഞ്ഞാൽ തണുത്ത് വിറക്കുക ചൂടായിക്കഴിഞ്ഞാൽ ആ ചൂടിൽ പെന്ത് പൊരിയുക ഏറെ ഒരു വളരെ അഠിതമായ പീഡനം ഏറ്റുവാങ്ങുക പീഡിപ്പിക്കുക ബുദ്ധനോ സ്വയം ചെയ്തിട്ടുണ്ട് ശിഷ്യന്മാരും നമ്മളിവിടെയൊക്കെ എന്താണ് പട്ടിണി അടക്കുന്നത് ഇവിടെ അതൊക്കെ ഷോയായിട്ട് ചെയ്യുന്നതാണ് ബാക്കിയുള്ളവർ ഇമ്പ്രസ് ചെയ്തിക്കാൻ പറ്റും മറ്റാങ്ങനെയല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആൾക്കൂട്ടത്തിൽ താമസിക്കുന്ന എന്ത് കാണിക്കുന്നു അതൊക്കെ ഷോയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ താമസിക്കണമെന്ന് മറ്റാത് കാണാമോ എന്തെങ്കിലാണ് മറ്റാരോട് ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നിടത്തോളം നമ്മൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യുന്നത് മറ്റേ അങ്ങനെയല്ല മറ്റുള്ളവരുടെ ശ്രദ്ധിക്കും ഞാനൊരു തപസിയാണ് യോഗിയാണ് മറ്റും മറ്റാണ് മറ്റുള്ളവർക്ക് എന്നെ കുറിച്ചത് ഒരു അഭിപ്രായം ഉണ്ടാവണം നമുക്ക് രക്ഷിടുന്നു എനിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഒരു അഭിപ്രായം എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും അല്പം ഒരു ലേശം പ്രശസ്തി എല്ലാരും ആഗ്രഹിക്കുന്ന അതുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരെന്തെയും തപസ് ചെയ്യണമെങ്കിലും അവരു അവതരിക്കും അതല്ല ഏകാന്തതയിൽ മനുഷ്യൻ ചെന്നതിനൊക്കെ ചെയ്യണമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടാണ് അവിടെ ആരും കാണാൻ പ്രമോട്ട് ചെയ്യാനായിരിക്കും അങ്ങനെ പോകും ഇതൊക്കെ ചെയ്യുന്നവരും അവര് അങ്ങനെ ചെയ്യുന്നവരുടെ ഉള്ളിലുള്ള ഒരു വിവേകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യണോ ഇങ്ങനെയൊക്കെ ചെയ്തേ പഴയകാലത്തും പ്രത്യേകിച്ച് ഇതൊക്കെ കഠിനമായ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെയൊക്കെ ചരിത്രം പരിശോധിച്ചത് ഒരു പത്തിരണ്ടായിരം വർഷത്തെ ചരിത്രം ഞാൻ എപ്പോഴും ഇ ചരിത്രത്തിലൂടെ നോക്കിക്കാണാനാണ് ഈ ശ്രമിക്കുന്നത് മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് അത് മനസ്സിലായത് ഇതൊക്കെ മനുഷ്യ ചരിത്രത്തിലൂടെ നോക്കിക്കാണെങ്കിൽ ഒരുപാട് പഴയ കാലത്തും മനുഷ്യനും എല്ലാ കഠിനമായ സാധനങ്ങളും ചെയ്തിരുന്ന വേണ്ടി പരലോകത്തിനു വേണ്ടിയാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട പരലോകത്തിലാണ് ഇതിനുവേണ്ടി പിന്നുവേണ്ടി ഈ തത്വാനുമൊക്കെ വരുന്നു അപ്പൊ ഈ ബുദ്ധൻറെ അനുയോ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയും ശരീരത്തെ പിടിപ്പിക്കുകയും ചെയ്തപ്പോഴും ബുദ്ധൻ പറഞ്ഞു ഇതേ യാതൊരു ആവശ്യങ്ങൾ വളരെ മധ്യമമായ മാർഗങ്ങൾ സ്വീകരിക്കുക ഭൗതിക ഭോഗസുഖങ്ങളും മുഴുകാതിരിക്കുക ഇങ്ങനെ ശരീരത്തെ നശിപ്പിക്കുന്ന തപസ്സിനൊന്നും ചെയ്യാതിരിക്കുക ആരോഗ്യകരമായ ജീവിതം എന്ന് വെച്ചാൽ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉള്ള ജീവിതം ചെയ്തിട്ടുണ്ട് അത് നമ്മള് പലരും വിവരമില്ലാതെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നു പല കാര്യങ്ങളും ചെയ്തു അതൊക്കെ വിർത്ഥമാണെന്ന് പിന്നീട് മനസ്സിലായി ഇത്തഞ്ചം ചെയ്ത കഥകളിലാണേ പറയുന്നത് ചേച്ചി ചോദിച്ചു നാല് കാലം നടന്ന് ചാണകവും ലോകത്തു നിന്നാണ് അതുകൊണ്ട് അബോധമുണ്ടാവും മറ്റുള്ളവർ ചെയ്യുന്ന അനുകരിച്ച് ഞാൻ ഷീസ് ചെയ്തപ്പോ അവിടെ ഒരു സ്വാമിയുടെ കൂടെ കുറച്ച് തന്നെ എന്താ ഞാൻ ജീവിതത്തിന്റെ വലിയ ആരാധകരായി കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പെട്ടെന്ന് മനസ്സിലായി ഇദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല ഞാനും ഇദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഞാനും ഭക്ഷണം കഴിക്കാതൊക്കെ എനിക്ക് വയറ്റു വേദനയൊക്കെ പിടിച്ചു കുറച്ച് ദിവസം ഇഷ്ടപ്പെട്ട മനുഷ്യരായിരുന്നു ഇയാളൊരു ആർക്കിജിത്തനാണ് അതുകൊണ്ടാ കഴിക്കാതിരിക്കുന്നു ഞാൻ വിചാരിച്ചിരുന്ന ഭയങ്കര ത്യാഗമാണങ്ങ വിറ്റ് കാശാക്കയാണ് അവസാനം ഇയാള് കള്ളന്മാരൊന്ന് തല്ലിക്കൊന്നു ആരും ഞാനവിടുന്ന് രക്ഷപ്പെട്ടു കാരണം പൈസക്കുണ്ടാക്കി ചാമ്പനെ കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു മൂന്നു തവണയാണ് ഉപദ്രവിച്ചു സ്വാമിയാണ് കേട്ടത് പക്ഷെ പിശുക്കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ത്യാഗമാണ് ഒരു അനുഭവം എനിക്ക് വലിയ എന്നെ ഞാൻ പറഞ്ഞ ഇത് പറ്റത്തില്ല സ്വാമി ഇങ്ങനെയൊക്കെ ജീവിച്ചു എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇത്രയൊക്കെ പറ്റുമോ എന്നാ ചാറ്റ നമുക്കുണ്ടത് എനിക്കിത് പറ്റത്തില്ല എന്ന് മനസ്സിലായ പറഞ്ഞു ഞാൻ ചാറ്റ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ വലിയ പാടാണ് മനുഷ്യന്റെ പിശുക്കും വൈരാഗ്യമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മളെ വൈരാഗ്യമായി പ്രദർശിപ്പിക്കും ജന്മനാരുടെ ഉള്ളിൽ തന്നെ കാണും ഈ വിശുദ്ധമെന്നു പറയും അതും ഒരു പ്രശ്നമാണ് അവർക്കല്ല നമുക്ക് അവരെല്ലാത്തിലും വിസി ഭക്ഷണത്തിന് ഒരു ബിസു ഇതൊന്നുമല്ല വൈരാഗ്യം പറയും ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാ പറയും കാര്യമില്ലാതെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യകരമായൊരു ജീവിതം എന്നുള്ള ഒരു നില വരുമ്പോ എന്താണ് മുഴുകാതിരിക്കുക ഭോഗസുഖങ്ങളും മുഴുകാതിരിക്കുക എന്നാ ഈ പറയുന്ന ശാരീരിക മാനസികാരോഗ്യത്തിനു വേണ്ടി എല്ലാം ഒരു മനുഷ്യന് ആവശ്യമാണ് ആവശ്യമാണെന്ന് മാത്രമല്ല അതൊക്കെ മനുഷ്യന്റെ അവകാശം മനുഷ്യനായി ഇവിടെ ജനിച്ചു അവന് ഇത്തരം അതുകൊണ്ട് അവനത് പരിശ്രമിച്ചത് സ്വായത്തമാക്കണം ൊണ്ടത് നേടിയെടുക്കണം അപ്പൊ അത് വിവേകം അപ്പൊ വിവേകണതൊക്കെ തീരുമാനിക്കും ഒരിക്കലത്തെ ബസ്തിന് വിവേകം ഇല്ലായ്മ വിവേകം വരുന്നതിന്റെ അതിന് നിയന്ത്രണം വയ്ക്കും എന്റെ ആവശ്യം അത് നമ്മൾ ആരും ജനിച്ചപ്പോഴേ വിവേകമുള്ളവരുണ്ട് ഓരോ കാര്യങ്ങൾ ശീലിച്ചും അനുഭവിച്ചും വരുമ്പോഴാണ് വിവേകം വരുന്നത് നമ്മുടെ മരണപരം വിവേകം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു വിവേകിയായി എന്നാർക്കും സ്വയം അവകാശം എനിക്ക് എന്തായാലും എന്നെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഞാനൊരു വിവേകിയാണ് ജ്ഞാനിയാണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനിതെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾക്കാകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു മനുഷ്യനങ്ങനെ ആകാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കെപ്പോഴും എന്താണ് നമ്മുടെ അറിവുകളെ പുതുക്കാനേ പറ്റും നമുക്കൊരിക്കലും നമ്മുടെ അറിവിനെ പൂർണ്ണമാക്കാൻ പറ്റത്തില്ല പൂർണതാണെന്ന് പറയുന്ന ഒരു ക്ലെയിം മാത്രമാണ് ആത്മാപൂർണമാണ് ശരി സിദ്ധാന്തമാണ് അതിനെ കുറിച്ച് തന്നെ ഞാൻ പറയും നമ്മുടെ ഉള്ളിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഈ അലോ അതൊരിക്കലും പൂർണ്ണമല്ല അതുകൊണ്ട് അതിൽ രസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അണുബുദ്ധൻ ശിഷ്യന്മാരെ വിവേകം പൂർവം അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിലനിർത്തി ജീവിക്കുക അത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ത്യാഗവാസന മറ്റും അവിടെ വിവേകം ഉപയോഗിച്ച് ത്യാഗവാസനെ വളർത്തിയെടുക്കണം നെയ് പറയുന്നതിനും കടത്തു ശ്രമിക്കുക അത് ഒരാളുടെ പരിശ്രമം പോലെയും പിന്നെ വേറൊന്നും കൂടെ വരണം എന്താണ് ഭാഗ്യം പോലെയും ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ് ഭാഗ്യമില്ലെങ്കിൽ ഒന്നും ബോഴ്മാ പറ്റുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്നേ എന്തുകൊണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഞാനെപ്പോഴും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മളീ പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു അപ്പോ ഒരു തെങ്ങിന്റെ മേളിൽ ഒരു തേങ്ങ ഒന്ന് നമ്മുടെ തല വീണെങ്കി അപ്പൊ തീർന്നേനെ എന്തുകൊണ്ടാണ് വേണില്ല ഏ ഭാഗ്യം കൊണ്ടുവന്ന എത്രയും കാലം ഇത്രയുള്ളു മനുഷ്യൻ ഭാഗ്യം കൊണ്ടവൻ ഇങ്ങനെ അത് ജീവിച്ചു പോവുകയാണ് അതിന് വേറെ ആർക്കും ലോകത്തിൽ നിന്നൊരു സമാധാനവും കണ്ടത് ഭാഗ്യം മാത്രമാണ് ഇതുവരെ ജീവിച്ചത് അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം മോശം തോന്നുന്നുണ്ടെങ്കിൽ ഭാഗ്യം കണ്ടോ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട് ഇതുവരെ ജീവിച്ചിട്ട് ഇന്നത്തെ ജീവിതം നല്ലതാണെന്ന് തോന്നണെങ്കിൽ അത് ഭാഗ്യമാണ് ചിലർക്ക് ജീവിതം മോശം തോന്നുകയാണെങ്കിൽ അന്ന് ബാക്കി അതിന് മുമ്പേ തേങ്ങ തര വീഴേണ്ടായിരുന്നു ആ ബാക്കി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മഴക്കാലത്താണോ ഞാനൊരു വീഡിയോ ചെന്നൈയിലാണോ റോഡിൻ്റെ സൈഡിൽ കൂടി ഒരാൾ നടന്നു പോകുന്നു ഒരു യോഗ ടീച്ചറാണോ അവരെ കുറിച്ചെഴുതി പെട്ടെന്ന് ഒരു തെങ്ങ് വന്നു ഒരൊറ്റ വീഴ്ച തരേ കണ്ടിട്ടുണ്ടായിരുന്നില്ല സൈഡിൽ നിന്ന് തെങ്ങുന്നവർ തലങ്ങൾ ക്ഷണം ഇത് തെങ്ങുന്ന തലങ്ങനല്ലേ തേങ്ങയല്ല തേങ്ങ എന്തെങ്കിലും പ്രതീക്ഷിക്കും ഒരു പ്രതീക്ഷയില്ല നമ്മള് രാവിലെ ഉന്മേഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതെന്താ ഭാഗ്യം അവന് നിർഭാഗ്യമാണ് സംബന്ധിച്ച നിർഭാഗ്യമാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഒറ്റ അടിക്കെല്ലാം പോയിരിക്കും അത് അവരെ ഒന്നും രക്ഷിച്ചല്ലേ എന്താണ് ഒരു യോഗയും രക്ഷിച്ചു അവിടെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്ന് സംഭവിച്ച ആ വിധിയെന്നും പറയാം ഭാഗ്യമൊന്നും പറയാം നമുക്ക് അനുകൂലമായി തോന്നാൻ ഭാഗ്യമെന്ന് പറയാം വിധി എന്ന് പറഞ്ഞാൽ അനുകൂലം പ്രതികൂലമാണ് ഭാഗ്യവും നിർഭാഗ്യവും ഇരിക്കുകയാണ് അതുകൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതിനെന്താ നമുക്ക് ഈശ്വരാനുഗ്രഹമെന്ന് പറയാം അങ്ങനെയും പറയാം നമ്മള് പൊതുവെ നമ്മുടെ ശാസ്ത്രങ്ങളത് രണ്ടും പറയും ധാരാളമായി മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഭാഗ്യം ഭാഗതം വിധി അതുപോലെ ഉപയോഗിക്കുന്നതാണ് കൂടുതലുപയോഗിക്കുന്ന അതാണ് പിന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈശ്വരാനന്ദ്രമൊന്നും കഴിഞ്ഞു രണ്ടും ഉപയോഗിക്കാൻ പറ്റും താല്പര്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയാണ് ഒരാളുടെ വിവേകം കൊണ്ട് അയാൾ ആ വഴിക്ക് പോകുന്നുണ്ട് അതിന് വാസന അനുകൂലമായിരുന്ന ഭാഗ്യം അനുകൂലമായിരുന്നാൽ അയാൾ ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് മർഗത്തിൽ കൊണ്ടുവരണം നസ്വതന്ദേ സമൂഹത്തിനാണ് ഈ ഭോഗങ്ങളുടെ ആഗ്രഹിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെയൊന്നും രജിക്കുന്നില്ല രചിക്കുന്നില്ല വേഗവൈരാഗ്യങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മാർഗത്തെ സഞ്ചരിക്കുന്നു അതില്ലാത്തയാളും മറുഭാഗത്ത് സഞ്ചരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുന്നിടത്ത് ഒരു മധ്യമ മാർഗം അതാണ് ഉചിതം എന്നാണ് ബുദ്ധനും മുന്നും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ആരോഗ്യകരമായ ശരീരവും മനസ്സും രണ്ടും വേണം എന്നാൽ മാത്രമേ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നാൽ മോട്ടോട്ട് പോകാൻ പറ്റത്തില്ല മനസ്സിന് ആരോഗ്യമില്ലെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഒരു ജീവിതക്രമം അതാണ് മനുഷ്യന് വേണ്ടത്